അദ്ദേഹത്തിന്റെ ജനത അദ്ദേഹത്തിന്റെ അടുത്തേക്ക് വേഗത്തിൽ വന്നു അതിനു മുമ്പും അവർ തിന്മകൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അദ്ദേഹം പറഞ്ഞു എന്റെ ജനതയേ ഇതാ എന്റെ പുത്രിമാർ അവരാണ് നിങ്ങൾക്ക് കൂടുതൽ പരിശുദ്ധർ അതിനാൽ നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെടുകയും എന്റെ അതിഥികളുടെ മുന്നിൽ എന്നെ അപമാനിക്കുകയും ചെയ്യരുത് നിങ്ങളിൽ വിവേകമുള്ള ഒരു പുരുഷൻ പോലുമില്ലേ